നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് വളച്ചൊടിക്കുന്നവർ നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നരകത്തിൽ എറിയപ്പെടുന്നവനാണോ അതോ പുനരുദ്ധാന സുരക്ഷിതനായി വരുന്നവനാണോ ഉത്തമൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചുകൊള്ളുക തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അവൻ കാണുന്നവനാകുന്നു